ആദം അലിഹിസ്സലാമിൻ അള്ളാഹു സുബഹാനഹുവത്ത് അല എല്ലാ നാമങ്ങളും പഠിപ്പിച്ചുകൊടുത്തു പിന്നീട് അവയെ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹുവത്ത് അല പറഞ്ഞു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവരുടെ പേരുകൾ എനിക്ക് പറഞ്ഞു